എല്ലാവർക്കും എൻ്റെ വിശ്വരൂപനായ മഹാബലിയുടെ ശിരശരി മൂന്നാമത്ത് അടി വെച്ചു അപ്പോഴേക്കും ദേവന്മാരൊക്കെ ചുറ്റും വന്നുകൂടി ബ്രഹ്മാവ് തുടങ്ങിയവരൊക്കെ മഹാബലിയുടെ ബന്ധുക്കളൊക്കെ വന്നി പ്രഹ്ലാദൻ തുടങ്ങിയവർ മഹാബലിയുടെ ധർമ്മ പത്നി വിന്ധ്യാബലി ഞാൻ അവരുടെ പേരും അവരോട് ഒരു കൊഴി ദുഃഖവും ഇല്ല ഭർത്താവ് എല്ലാം നഷ്ടപ്പെടുകയും ഒന്ന് സാരമില്ല അവര് ഭഗവാനെ സ്തുതിച്ചു ഭഗവൻ ഇതൊക്കെ അമ്മയുടെ ഇന്ദ്രജാലങ്ങളാണ് അത് നടക്കട്ടെ എന്തായാലും ഭഗവാൻ ഇതൊക്കെ കണ്ടു മഹാബലിയുടെ അക്ഷോഭ്യമായ നല്ല ഒരു ചാഞ്ചല്യവും ഇല്ല അത് കണ്ടിട്ട് ഭഗവാൻ ചുറ്റും നിന്ന ദേവന്മാരെ നോക്കി ഇങ്ങനെ പറഞ്ഞു അലോ ദേവന്മാരെ ഏഷ ദൈത്യാ അഗ്രണീകീർത്തിവർത്തന അജയിഷീതജയാം മായാഹ്യ ിയെക്കുറിച്ച് ഇതിനപ്പുറം പ്രശംസനീയമായ ഒരു വാക്ക് പറയാനുണ്ട് അലയോ ദേവന്മാരെ നിങ്ങളൊക്കെ സ്വർഗം തിരിച്ചു കിട്ടണം നഷ്ടപ്പെട്ട് സുഖമൊക്കെ തിരിച്ചു േവരാതിപ്പെട്ടു കഴിയാം ഏഷദാനവതൈത്യാമഗ്രേ രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയുമൊക്കെ ചക്രവർത്തിയായ ഈ മഹാബലി കീർത്തിവർദ്ധനാണ് അദ്ദേഹം ഈ ലോകത്ത് നേടാവുന്ന കീർത്തി പലർക്കും കീർത്തിയാണല്ലോ ലക്ഷ്യം അങ്ങനെ അറ്റുന്നേടിയിരിക്കുന്നു കീർത്തി വർധന എന്താ കീർത്തി പൂർണ്ണ സത്യനിഷ്ഠനാണ് എന്ന് അറിയപ്പെടുക അതുതന്നെയാണ് കീർത്തി അജയ്ഷീതജയാം ഇദ്ദേഹം മായയെ ജയിച്ചിരിക്കുന്നു അജയാ മായ മായജയെന്ന് എളുപ്പമല്ല പക്ഷെ ആ മായയെ ഈ ചക്രവർത്തി ജയിച്ചിരിക്കുന്നു എങ്ങനെ അറിയാം ഒറ്റലക്ഷണം ജയിച്ചോ ഇരിയോ എന്നറിയാൻ ഒരൊറ്റ ലക്ഷണം സീതന്നപി നമുഹേത്തി എല്ലാം നഷ്ടപ്പെടുന്നു പക്ഷേ ഒരു അസ്വസ്ഥതയും ഇതാണ് മായ ജയിച്ചോ ഇരിയോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് മഹാബലിക്ക് ഒരസ്വസ്ഥതയുമില്ല എല്ലാം നഷ്ടപ്പെടുന്നു അല്ല ഇത് വാസ്തവത്തിൽ നമ്മളും അറിഞ്ഞിരിക്കാൻ എല്ലാം ഒരു ക്ഷണത്തിൽ നഷ്ടപ്പെട്ടേ തീരു ഈ ശരീരം എല്ലാം നഷ്ടപ്പെട്ടേ തീരൂ ഇതൊന്നും ഈ ജഡപപ്രപഞ്ചത്തിൽ ആത്മാവ് ഒഴിച്ച് മറ്റെല്ലാം വന്നും പോയി ഇരിക്കുന്ന കാഴ്ചകളാണ് മനസ്സുൾപ്പെടുന്നു നമ്മുടെ മനസ്സ് എവിടുന്നോ എന്തൊക്കെയോ കയറി വരുന്നു കുറച്ചു നേരം ഒക്കെ ചിന്തയിൽപ്പെട്ടുടരുന്നു വശിഷ്ഠൻ പറയുമ്പോഴേ മനസ്സ് ചിന്ത അനല് ശിഖാ ദിന്തയാവുന്ന തീരിൽ നേറുകയാണ് ഈ മനസ്സ് മിക്കവാറും എല്ലാവരുടെയും ഏത് മനസ്സ് ചിന്ത അനല ശിഖം ക്രോധാജകര ചരടിത്തം കോപമാണുന്ന പെരുമ്പ് ഈ മനസ്സിനെ ആവർത്തിച്ച് ചവച്ചു തുപ്പുകയാണ് ഇതൊക്കെ നമുക്ക് അനുഭവമുള്ളതല്ലേ എന്ന പിന്നെന്താ ഇത് വേണ്ടെന്ന് വെച്ചൂലേ കോപ ക്രോധാജഗര ചരടിത്തം കാമാല്ലോലഹത ഓരോ വാക്കും ശ്രദ്ധിക്കുക ആഗ്രഹങ്ങൾ ഒടുങ്ങാത്തെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒരു സമുദ്രത്തിൽ തിര പന്തി പറയുന്നത് പോലെ ഒടുങ്ങാത്തെ ആഗ്രഹങ്ങൾ പന്തി പറയുക വിസ്മൃതാത്മവിത മഹാ മഹം തൻ്റെ തൻ്റെ അപ്പുപ്പനെ മറന്നുപോയി അതാണ് സംഗതി മുഴുവൻ സംഭവിക്കുന്നതാണ് വിസ്മൃതഹത്മ പിതാമഹം ഞാൻ ആണല്ലോ മനസ്സിനെ സൃഷ്ടിച്ചത് എന്റെ സന്താനമാണ് മനസ്സ് അപ്പോ മനസ്സിന്റെ അച്ഛൻ ഞാനാണ് ഈ അച്ഛനൊരു അപ്പുപ്പനുണ്ട് അതാണ് എന്നും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം പരമാത്മാവ് അപ്പുപ്പനമാകുന്നു വിസ്മൃത അഭിത്താമഹം ഈ ജ്ഞാനം എവിടെ നിന്നുണ്ടായി എവിടെ നിന്നുണ്ടായി എന്നല്ല ഞാൻ അനുഭവപ്പെടുന്നത് ഉണ്ടെന്ന് തോന്നുന്നത് എവിടെയാണ് എന്നറഞ്ഞ് നിശ്ചലമായി ആനന്ദസ്വരൂപമായി നിൽക്കുന്ന ബോധത്തെ ഇതെങ്കിലും ഓർമ്മിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുളഞ്ഞാൽ നേരിട്ട് ആ സർവശക്തനായ ബ്രഹ്മത്തിൽ തോന്നുന്ന ഒരു തൊള്ളാണ് അപ്പം നേരെ തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ അവിടെ അപ്പൂപ്പന ഒന്നും വിസ്മൃതാത്മാവിത്താമം ഇതെങ്ങനെ അവിടെ നിന്ന് പൊന്തി പറയാൻ ഒക്കില്ല അകാരണം ഉപായാന്തി സർവേ ജീവാ പരാത്മത ആ പരമകാരണമായ ബ്രഹ്മത്വങ്ങളെന്നും ഒരു കാരണവുമില്ലാതെ ഒന്നുന്നു ഈ ജീവന്മാർ ജീവൻ എവിടുന്നുണ്ടായി എവിടുന്നുണ്ടായിരുന്നല്ലോ ആധുനിക ശാസ്ത്രം തിരക്കിട്ടന്വേഷിക്കുന്നത് എവിടെ പിടികിട്ടാൻ പോകുന്നു അവരെന്തൊക്കെയോ ലക്ഷലച്ചുള്ള ജല നാമരൂപങ്ങൾ സൂക്ഷ്മ നാമരൂപങ്ങളെ കണ്ടിട്ട് അവിടുന്നാണ് ഉണ്ടായത് എവിടുന്നാണ് ഉണ്ടായത് ആ ജലനാമരൂപങ്ങൾ എവിടെ നിന്നുണ്ടായി ഒന്നും പിടിയിരുത്തില്ല ഒരിക്കലും വേദാന്തം പറയുന്നു അകാരണമപായ സർവേ ജീവാ സകല ജീവന്മാരും പരാത്മത ആ പരമാത്മസ്വരൂപത്തിൽ നിന്നും അകാരണ പോയാ അതാണ് മായ യുക്തിയില്ല എന്തിന് ഇത് അവിടെ നിന്ന് പോകുന്നു പശ്ചാത്തേഷാം സ്വകർമ്മേ കാരണം സുഖദുഃഖയോ തുടർന്ന് പിന്നെ ഓരോ ജീവന്റെയും സുഖദുഃഖങ്ങൾക്ക് കാരണം അവനവന്റെ കർമ്മങ്ങളാണ് മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എൻ്റെ കർമ്മങ്ങൾ എന്നെ ദുഃഖിക്കുന്നു ദുഃഖിപ്പിക്കുന്നു ഞാൻ അല്ലേ എൻ്റെ മനസ്സിന് രൂപം കൊടുക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ജീവൻ എൻ്റെ മനസ്സിന് രൂപം കൊടുക്കുന്നത് വേറെ ആരംഭം അതല്ല സാറാത് ചുറ്റുപാടുകൾ അങ്ങനെയൊക്കെ വന്നിട്ടല്ലേ മനസ്സിങ്ങനെ ചിന്തിക്കുന്നത് അത് ശരി ചുറ്റുപാടുകൾ അങ്ങനെ വന്നാൽ മനസ്സിങ്ങനെ ചിന്തിക്കണം എന്ന് നിയമമുണ്ടോ എത്രയോ പേര് ചുറ്റുപാടുകൾ അങ്ങനെ വന്നിട്ടും ഇങ്ങനെ ചിന്തിക്കാതെ കഴിഞ്ഞു കൂടുന്നു നിങ്ങളെന്തിനാ ഇങ്ങനെ ചിന്തിക്കാൻ പോകുന്നത് അതാണ് കാരണം വാസ്തവത്തിൽ വിസ്മൃത ആത്മവിത്തോമഹം ആ സത്യത്തെ പിന്നെ ചിന്തിക്കുന്നതൊക്കെ ചുറ്റുപാടുകളെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല എന്തു ചുറ്റുപാടിലും മനസ്സ് നമ്മുടെ വശത്ത് നിൽക്കുമോ നമ്മളറിയാതെ ഒന്ന് ചിന്തിക്കരുത് ഇപ്പം എന്തെങ്കിലും ഒരു കൃഷ്ണമെന്നോ അവനെൻ്റെ ശത്രുവാണ് അവനെ കൊല്ലണം എന്ന് മനസ്സ് പറയുകയാണ് അല്ലെങ്കിൽ അവനെ ഇന്ന ഇന്ന രീതിയിലൊക്കെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിൽ സഹായിക്കണം ഇതൊക്കെ എന്തിനായി മനസ്സ് പറയുന്നു മനസ്സ് പറയുന്നു കാരണമൊന്നുമില്ല നമ്മൾ ചാരം കൂടാതെ അത് കേൾക്കും എന്തിനായി മനസ്സിന് വഴങ്ങുന്നത് ഭാഗവതം ചോദിക്കുന്ന കർഷി സഖ്യം മനസ്സിനവസ്ഥ ഒരു സ്ഥിരവും ഇല്ലാത്തതാണ് ഈ മനസ്സ് ഒരു സ്ഥിരവും ഇല്ല ഇപ്പ പറയും അത് ചെയ്യൂ അടുത്ത നിമിഷം ചോദിച്ചു നീ എന്തിനത് അതല്ലേ ഇന്നൊക്കെ വന്നത് അത് നെയ് പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത് എന്ന് മനസ്സിനോട് ചോദിച്ച വല്ല വിശേഷമുണ്ടോ കാമോ മഞ്ഞു മകോ ലോഭവ കാമം കാമം ഒരാഗ്രഹം വന്നത് ആഗ്രഹത്തെ തന്നെ ഒന്ന് വിശകലനം ചെയ്യാതെ അംഗീകരിച്ചിട്ട് സാഹചര്യമാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ ആഗ്രഹം നടത്താൻ പറ്റുക അതിനുള്ള ചുറ്റുപാടും ദൈവം അനുകൂലമാണോ ദൈവം നമ്മൾ പറഞ്ഞ ദൈവം ഇതൊക്കെ അല്പം ബുദ്ധിയുള്ളവർക്ക് വളരെ വേഗം ഈ സത്യം ുദ്ധിക്ക് പിടിയുണ്ടെങ്കിൽ അങ്ങനെ കാമം മഞ്ഞു തുടർന്ന് കോപം കാമം നടക്കാതെ വന്നാൽ കോപം അതിനാരൊക്കെയാണ് തടസ്സം അവരെയൊക്കെ എങ്ങനെയാണോ വകവരുത്താവുന്നത് നമ്മുടെ ഇന്ന ഇന്ന ലോകത്ത് നടക്കുന്ന ഈ രാജ്യങ്ങളിൽ തമ്മിലുള്ള യുദ്ധം ഒരു രക്ഷയുമില്ല ഒരു രക്ഷയും അതൊന്നും അങ്ങനെ ചില ചില കോംപ്രമൈസ് ഒന്നും പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല ചില കാണും കോപം സ്ഥിരമായ കോപമാണ് ചില സമൂഹങ്ങൾക്ക് സ്ഥിരം ആയിപ്പോൾ ഒരേ മതത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ തമ്മിൽ തമ്മിൽ സ്ഥിരമായി പോകും അവനിന്ന് ഈ മതത്തിൽ തന്നെ ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണോ അവനാശിപ്പിക്കണം അതെന്തിനു വെച്ചുകൂടെ ഒന്നും സാധിക്കില്ല അതാണ് ഈ ലോകത്തെ നന്നാക്കിക്കളയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത് എന്ത് വെച്ച് നന്നാക്കേണ്ടതെന്നാണ് പരമാവധി നോക്കുക ഇതറിഞ്ഞുണ്ട് ബ്രഹ്മപൂജയായി ലോകത്ത് നന്നാക്കുക അല്ലാതെ ആർക്ക് ലോകത്ത് നന്നാക്കാൻ നോക്കും വാസ്തുവിച്ച് ഒന്നാല് വെച്ചാൽ മതി ഇപ്പൊ ക്രിസ്തുദേവൻ നബിദേവൻ ബുദ്ധൻ കോറ്സ് ഇവരൊക്കെ വന്ന ഇവർ നാലുപേരും ഈ ലോകത്തെ നന്നാക്കിയവരിൽ ഏറ്റവും പ്രധാനികളാണ് അതിഗംഭീരന്മാർ അവരെ ആരെയും നമ്മൾ ചോദ്യം ചെയ്യുന്നതേയില്ല ഇത് ഈശ്വരന്റെ കളി അവരെ ചോദ്യം ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല പക്ഷെ ലോകത്ത് ഇന്ന് സംഘർഷം ശാസ്ത്രീയമായി വിലയിലെത്തി നോക്കിയാൽ ഈ നാല് പേരുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് മിക്കവാറും അല്ലെന്നാരെങ്കിലും പറയട്ടെ തെളിയിക്കട്ടെ എന്നുവെച്ചാൽ അവര് സാക്ഷാൽ ഈശ്വരപുരുഷന്മാർ ഒരു സംശയവുമില്ല പക്ഷെ ലോകത്തൊന്നും അങ്ങനെ നന്നാക്കി കാണാൻ പറ്റില്ല നമ്മുടെ വ്യാസംഗെന്ന് പറയുന്നു ഇപ്പൊ അഹിംസ എല്ലാവരും ബുദ്ധനും മഹാത്മാഗാന്ധി ഒക്കെ എന്നേറ്റം പറയുന്ന ഒരു ധാർമ്മിക കാര്യമാണ് അഹിംസ അതേസമയത്ത് നമ്മൾ കൃഷ്ണൻ പറയുന്നു യുദ്ധത്തിൽ കൊല്ലം വ്യാസൻ ചോദിക്കുന്നത് ഞാൻ ഈ ഒരു ഒരു ചെറിയ കാര്യം അഹിംസ ജനങ്ങൾ വാഴ്ത്തുന്ന മറ്റൊരു ധർമ്മമില്ലല്ലോ വ്യാസൻ ചോദിക്കുന്നു അഹിംസ നടപ്പാക്കാൻ ആർക്ക് കഴിയും ഓരോ ജീവിയും ഓരോ നിമിഷവും മറ്റനേകം ജീവികളെ ഭക്ഷിച്ച് ജീവിക്കുന്നു ഭക്ഷിച്ചാലും ജീവിക്കാൻ പറ്റില്ല അഹിംസ ഇവിടെ നടക്കും അഹസ്താന് സഹസ്താനാം അപദാന ചതുഷ്പദാം വ്യാസഭഗവാൻ ചോദിക്കാം മറ്റേ വ്യാസനെപ്പോൾ ഇത്ര ഈ ലോകവിധി മനസ്സിലാക്കിയ മറ്റൊരാളില്ല മറ്റേ പൂർണ്ണ സത്യമറിഞ്ഞയാൾ അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു കൈ കൈയുള്ളവർ കൈയില്ലാത്തവരെ ഭക്ഷിക്കുന്നു അപദാനി ചതുഷ്പത്ത നാല് കാലുള്ളവ കാലില്ലാത്തവേ ഭക്ഷിക്കുന്നു ഫരിപൂണി തത്ര മഹത്തം ബലമില്ലാത്തവലാൻ ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്നു ഞെ തിന്നുന്നു എന്നല്ല ബലഹീനനെ അടിച്ചമർത്തി അവടെ ചൂഷണം ചെയ്തല്ലേ ബലമുള്ളവരൊക്കെ ജീവിക്കുന്നത് ആരെങ്കിലും കുറ്റമല്ല അതങ്ങനെ ഈ മായയിൽ അത് സംഭവിച്ചു പോകും ഞാനീ പറയുന്നത് മായ അജയ് അജയം മായം ഈ മായയെ ഇവരാരും മായയെ ജയിച്ചു എന്ന് നമുക്ക് പറയാമില്ല ക്രിസ്തുദേവനോ നവീനോ ബുദ്ധനോ മഹാത്മാവിൽ പോലും മഹാത്മലി നമ്മുടെ രാഷ്ട്രമിത്തോ സാക്ഷാത് ഈശ്വര തുല്യം പക്ഷെ മായയെ ജയിച്ചോ ജയിച്ചില്ല എങ്ങനെ അറിയാം സീതന്ന വിന മുഖ്യത്തിൽ ഇവിടെ മഹാബലി സകലതും നഷ്ടപ്പെട്ടിട്ടും അസ്വസ്ഥനാകുന്നില്ല മഹാത്മലി സകലതും നഷ്ടപ്പെടാതെ തന്നെ അസ്വസ്ഥനായി ഇത് നമ്മളുമായി താരതമിതും എളുപ്പമാണോ അല്ലയോ എന്നുള്ളതല്ല ഈ മായാചയത്തിൻ്റെ അദ്ഭുതകരമായ സ്ഥിതി എളുപ്പമല്ല കൃഷ്ണൻ തന്നെ പറയുന്നു മമമായ ദുരത്യ അർജുനായന്റെ മായ ദുരത്യാണ് അപ്പം നമുക്കിത് എത്ര പേർക്ക് സാധിക്കുന്നു സാധിക്കുന്നില്ല അത് അവരൊരു ശ്രമിച്ചു നോക്കുക മഹാത്മജയെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിവസം കർക്കട്ടയിലെന്ന് കരഞ്ഞൂ എന്താ കരഞ്ഞത് കരഞ്ഞത് ഇന്ത്യ വിഭജിക്കപ്പെട്ടു തൻ ഇന്ത്യ വിഭജിക്കപ്പെട്ടതെന്ന് വളരെ ആഗ്രഹിച്ചാണ് പട്ടേലും നെഹ്റുവും ഒന്നും താൻ പറയുന്നത് കേൾക്കുന്നില്ല ഇന്ത്യ വിഭജിക്കപ്പെടരുത് എന്ന മഹാത്മാജി എന്തിനു ചിന്തിച്ചു ഭഗവാന്റെ മറന്നു ഞാൻ എന്റെ ജോലി ചെയ്യുന്നു ഇനി ഭഗവാൻ നോക്കട്ടെ എന്ത് ജോലി ഞാൻ പൂർണ്ണമായി ചെയ്യുന്നു ഭഗവാൻ നോക്കട്ടെ എന്ന് എന്തുകൊണ്ട് ഇവിടെ ഒരു ഭഗവാനേ ഉള്ളൂ രണ്ടില്ല മായേ ജയിക്കാനുള്ള എളുപ്പ വഴി രണ്ട് തോന്നുന്നതാണ് മായ ശാസ്ത്ര ശാസ്ത്രീയമല്ല ആർക്കും യുക്തി കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് പലത് തോന്നുന്നു ആരൂപങ്ങൾ വസ്തു ഒന്നേ ഉള്ളൂ ഇത് ലളിതമായി ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരുന്നില്ലേ നമ്മൾ ദിവസവും ചർച്ച ചെയ്യുന്നില്ലേ ബോധം ബ്രഹ്മമാണ് ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട് ബോധമില്ലേ പ്രപഞ്ചമില്ല അതുകൊണ്ട് കാണുന്നതൊക്കെ ബോധം തന്നെ പലത് കാണുന്നത് ഭ്രമം ഭ്രമവും വസ്തുതന്നെ ബോധം തന്നെ പലത് വാസ്തവത്തിനില്ല ഒന്നേ ഉള്ളു ഇതൊറപ്പിക്കാൻ കഴിയുന്നു നമ്മുടെ രാഷ്ട്രപിതായത്തെ കുറിച്ച് പറയുമ്പോൾ ഈശ്വരൻ ആയിട്ട് അദ്ദേഹത്തെ മുമ്പിൽ കണ്ടതാണ് ഞാൻ പറയുന്നത് ഈശ്വരൻ സംശയമില്ല പക്ഷേ പൂർണ്ണമായ ഈ ഉപനിഷത്ത് സത്യം ഇന്ത്യ പണ്ട് പണ്ടേ വ്യക്തമാക്കിയ ഉപനിഷ് സത്യം പൂർണ്ണമായി എന്തുകൊണ്ട് അദ്ദേഹം ഗ്രഹിച്ചില്ല ഗ്രഹിച്ചെങ്കിൽ കരയില്ല ആ വലിയ ഗ്രഹിച്ചു ഭാഗം അതൊക്കെ ഭഗവാന്റെ കാര്യം നമ്മുടെ കാര്യമാണ് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിക്കില്ല ബാക്കി ഒക്കെ ചെയ്തോണ്ടതാണ് അടുക്കളയിൽ പാചകം ചെയ്യണമെങ്കിൽ പാചകം ചെയ്യുക യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യുക കൃഷ്ണൻ പറയുന്നത് അതാണ് അതൊക്കെ നാടകത്തിലേറെ പോകണം പക്ഷെ അപ്പോഴൊക്കെ കൃഷ്ണൻ രണ്ടാമധ്യായം മുതൽ ആവർത്തിച്ചു പറയുക അർജുന യുദ്ധം ചെയ്യും പക്ഷേ ഞാനല്ലാതെ രണ്ടാമതിപ്പെട്ടവൊന്നുമില്ല നെയ്യുമില്ല ഭീഷ്മനില്ല എന്തുകൊണ്ട് ഇത് ഉറപ്പിച്ചോണ്ട് യുദ്ധം ചെയ്യും അല്ലെങ്കിൽ രക്ഷയില്ല മത്ത പരതരം കിഞ്ചിത സ്ഥിതി ഫലം ഞാനല്ലാതെ ലേശം പോലും പല ഇത് ശാസ്ത്ര സത്യം ആലോചിച്ചു നോക്കുക ഞാൻ ചോദിക്കട്ടെ ശാസ്ത്രീയമായി നമ്മളീ പറഞ്ഞ ലളിതമായ യുക്തി നിഷേധിക്കാൻ കരുത്തുള്ള ആരുമുണ്ട് ബോധമുണ്ട് വിദേഹത്തോ ഞാനിത് ആവർത്തിച്ച് പറയുന്നത് ഇപ്പം മഹാബലി ചരിതം ആളെ കൊണ്ട് ഇത് പോകുമ്പോൾ ബുദ്ധിക്കെങ്കിലും നമുക്ക് ഇത് ഉറപ്പുവരണം ഇവിടം ബോധം മാത്രമേ ഉള്ളൂ നേസ്തി ഉപനിഷത്ത് ഘോഷിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ആർക്കിത് തെറ്റെന്ന് തെളിയിക്കാൻ കഴിയും ശങ്കരഭവത്പാലൻ മറ്റും ആരെങ്കിലും ഇത് തെറ്റെന്ന് തെളിയിക്കാൻ കൈ ഉള്ളവരുണ്ടെങ്കിൽ വരട്ടെ അത്ര ഗംഭീരമായി ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്ന സത്യം നമ്മൾ ബുദ്ധിക്കെങ്കിലും എന്തുകൊണ്ടും കൊടുക്കുന്നില്ല ഇവിടെ രണ്ടില്ല രണ്ടുണ്ടെന്ന് തോന്നിയോ ഭയം അവിടെ അസ്വസ്ഥത ദ്വിതീയ വൈ രണ്ടും ഉണ്ടെന്ന് തോന്നുന്നതാണ് ഭയം ഇതൊന്നും ചിന്തിച്ചു നോക്കുക നമുക്കിപ്പോ പറ്റുന്നില്ല പക്ഷെ ഈ സത്യത്തെ നിരസിക്കാൻ പറ്റുമോ എന്നിട്ട് ഞാൻ കുറെ കൊണ്ടായിട്ട് ഇതാവർ ചു ചിന്തിച്ചു നോക്കിയതാണ് നിരസിക്കാൻ പറ്റുമോ എത്രയുണ്ട് കൂടുതൽ ചിന്തിക്കുന്നു അത്രയുണ്ട് ഇത് ഉറക്കുക അതല്ലേ നമ്മുടെ ആചാര്യൻ എഴുത്തച്ഛൻ പറഞ്ഞത് ഒന്നായ നിന്നയ രണ്ടു കണ്ടവിൽ ഉണ്ടായവരിന്തൽ മഹാഭഗവാനെ അങ്ങ് മാത്രമേ ഇവിടെ ഉള്ളൂ പക്ഷെ അങ്ങയായി കാണാൻ തുടങ്ങിയ നിമിഷം മുതൽ ഉണ്ടായ ദുഃഖം അതാണ് മായ അപ്പോ ഇത് ബുദ്ധിക്ക് ധരിച്ചു വെക്കുക എന്താ മായ രണ്ട് കണ്ടോ ദുഃഖം മായ രണ്ടില്ലെന്ന് ഉറപ്പ് വന്നോ ദുഃഖമില്ല മായ തീർന്നു മായ ജയിക്കണോ രണ്ടില്ല തീരുമാനിക്കില്ല ഇത്രയുണ്ടോ അത് നമ്മുടെ രാഷ്ട്രവിൽ പോലും അത് പൂർണ്ണമായും പറ്റില്ല പട്ടേലഹർക്ക് ഞാൻ പറയുന്നത് കേട്ടോളൂ എന്ന് അദ്ദേഹത്തിന് തീരുമാനിച്ചു പാട്ടേലും പട്ടേലിൻ്റെ ജോലി നോക്കട്ടെ ഞാൻ ഭഗവത് പൂജയായി എന്തെ ജോലി ചെയ്തു തീർന്നു അത്രപ്പെട്ടു അപ്പം എളുപ്പമല്ല മായാരചു ദൈവീ ശേഷ ഗുണമയ മമമായ ദുരത്യ ഗീത ഭഗവാൻ പറയുന്ന മമമായാരത്യാ മാമേവേ പ്രപദ്യത്തെ പ്രപത്തിന്ന് പറഞ്ഞാൽ ഞാനേ ഉള്ളൂ ഇവിടെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്നാര് കാണുമോ മായാം ഏതാം തരംതിത്തെ ഈ മായയെ കിടക്കുന്നു കൃഷ്ണൻ അത് പറഞ്ഞു കൃഷ്ണന്റെ മഹത്വം അതിനും പൂർണാവതാരം സാറിപ്പോ കൃഷ്ണനെപ്പോലെയൊക്കെ നമുക്ക് പറ്റൂ നമുക്ക് പറ്റുമോ എന്നുള്ള വേറെ കാര്യം കൃഷ്ണൻ പൂർണാവതാരനായതിന്റെ രഹസ്യം കൃഷ്ണന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണും വീണിട്ടില്ല കൃഷ്ണൻ ദുഃഖിച്ചതായി ഭാഗവതമോ ഭാരതമോ ഒരിടത്തും പറയുന്നത് എന്നെല്ലാം സന്തോഷിച്ചു കോലാഹലമയമായ ജീവിതം കോലാഹലമായ ഒരു കോട കല്യാണം ഏറ്റവും കുട്ടികൾ തന്നെ ലക്ഷക്കണക്കണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമണ്ഡലത്തിൽ മറ്റും ജീവിതം തന്നെയാണ് കൃഷ്ണന്റെ ജീവിതം അവർ കുട്ടികളൊക്കെ നാം നല്ല കുട്ടികളായിരിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം കൃഷ്ണൻ്റെ കുട്ടികളിൽ അധികവും പരമ ഭക്ഷണം എന്ത് ചെയ്യണം അദ്ദേഹം ആയിട്ട് നന്നാക്കാൻ പറ്റുമോ അതേ ഭക്ഷണം എന്നുള്ള രണ്ടാ തെളിവ് നമ്മളെ പിള്ളേരെന്തെങ്കിലും ഒക്കെ അപ്പം വെച്ചുകൾ ആണ്പോ നമുക്ക് ദേഷ്യം പറ്റുന്ന സാർ അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്ന അതൊക്കെ പറ്റുന്നതും ഉള്ള ഒക്കെ തെളിവുള്ളൂ പക്ഷെ ഒരു ദിവസം സനകാന്തി മഹർഷിമാർ വന്നു അവരിൽ കാഷായിക്കെ ഉടുത്തു നിൽക്കുമൊക്കെ വളർത്തി വരികയല്ലേ ഈ പിള്ളേർക്കൊരു രസം തോന്നി പിള്ളേർ അഞ്ചെട്ടു പേർ കൂടി ഒരുപാട് മക്കളുണ്ട് അതിൽ കുറെ പേർക്കൊരു രസം തോന്നി രാംഭവതി പുത്തനായ സാമ്പനെ ഒരു ഗർഭിണിയുടെ വേഷം കിട്ടിച്ചു എന്നു നേരെ സന്യാസിമാരുടെ അടുത്തു അവർ പരീക്ഷിക്കാൻ ചോദ്യം ഇവർ പ്രസവിക്കുന്നതാണോ പെണ്ണോ കാണിച്ചു അവർക്ക് മനസ്സിലായി അവർ മുനിമാരല്ലേ അവര് പൂർണ്ണസത്യം കണ്ടവരല്ലേ സനകാതി മുനിമാരും മറ്റും ഈ പിള്ളേരെ ഇങ്ങനെ വിട്ടാൽ പോരാ എന്ന ഈർക്ക് തോന്നണ്ടേ ഇത് നമ്മുടെ കൃഷ്ണന്റെ കൃഷ്ണനൊക്കെ ആണ് അവുന്നത് കൃഷ്ണന്റെ മക്കളാണ് അവൾക്ക് അങ്ങനെയൊന്നുമില്ല ഇതായത് കൃഷ്ണൻ ഇവരുടെ ആദ്യം ഒരു പരമാത്മാവും ഭക്തരേ ഉള്ളൂ കൃഷ്ണന്റെ മക്കളായാലും ശരി ആരുടെ മക്കളായാലും തെറ്റ് ഇതാൽ തെറ്റ് ആ ഇവളൊരു ഇരുമ്പൊളക്കയെ പ്രസവിക്കും അവർ പറഞ്ഞു ആ ഇരുമ്പുളക്ക നിങ്ങളുടെ വംശത്വം മുഴുവൻ നശിപ്പിക്കും പിള്ളേര് ചിരിച്ചു പ്രശ്നീയ വിക്ഷികൾ ഇവർക്ക് എന്തറിയാം ആണോ ഗർഭിണിയുടെ വേഷം കിട്ടിയിരിക്കുന്നത് അവളിരുമ്പലൊക്കെ അവസരിക്കും പറഞ്ഞാൽ അവർ ചിരിച്ച് മുടങ്ങിപ്പോയി പക്ഷേ നടക്കേണ്ടത് എങ്ങനെയും നടക്കുന്നു അതിനൊന്നും തടസ്സപ്പെടുത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സത്യമല്ല ഇവിടെ എല്ലാം അദ്ഭുതമാണ് കുറെ കഴിഞ്ഞ് സാമ്പന്നും സാമ്പന്ന പ്രസവ വേദനയായി സാമ്പന്ന തൊട പിളർന്ന് ഒരിലും പുളക്ക പ്രസവിക്കപ്പെട്ടു അങ്ങനെയൊക്കെ സംഭവിക്കണം അങ്ങനെയൊക്കെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ദോസ അതെങ്ങനെ അല്ല അത് ശരിയാണ് ഇതെങ്ങനെയാണ് വെറുപിടിയില്ല ഇവിടെ ഒരാറ്റം എങ്ങനെ ആ കുറഞ്ഞുണ്ട ഒരു അസാദ്യം പറയട്ടെ ഈ ആറ്റം അല്ലാതെ ആറ്റം എനർജി സ്പന്ദിച്ച് ആറ്റമായി എനർജി എവിടെ നിന്ന് സ്പന്ദിക്കുന്നു എനർജി എങ്ങനെ സ്ഥിക്കുന്നു എവിടുന്ന് സ്പന്ദിക്കുന്നു എനർജിയുടെ ഓരോ സ്പന്ദനവും അത്ഭുതമാണ് അത്ഭുതം വാസ്തവത്തിൽ എനർജിയുടെ ഒരു സ്പന്ദനത്തിൽ അനന്തകകോടി ബ്രഹ്മാണ്ടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു അതല്ലേ വസ്തുത്വ ആ സ്പന്ദനം അല്ലേ പിന്നെ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാക്കുന്നത് അക്കാര്യത്തിൽ ഇപ്പം ആർക്കും സംശയമില്ല അതിനർത്ഥം ആ ഓരോ സ്പന്ദനത്തിലും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു ആർക്കും നിശ്ചസിക്കാനൊക്കില്ല അതെങ്ങനെ സംഭവിക്കുന്നു എന്തായാലും സാമ്പം ഇരുമ്പൊക്കെ പ്രസവിച്ചു ഇരുമ്പലൊക്കെ പ്രസവിച്ചപ്പോൾ നടക്കാൻ കഴിയാത്ത പ്രസവം നടന്നു കണ്ടപ്പോൾ ആ ഇരുമ്പലൊക്കെ വംശത്വം മുഴുവൻ നശിപ്പിക്കും എന്ന് ഋഷിമാർ പറഞ്ഞതും നടക്കും എന്ന് ഈ പിള്ളർക്ക് ബോധ്യമായി അവരുടെ നേരയിൽ ചെന്ന് രാജാകനാണ് കൃഷ്ണൻ രാജാവൊന്നുമല്ല അദ്ദേഹം രാജാവിനെ കേറിയിട്ട് സ്വസ്ഥനായിട്ട് കഴിയാമേ രാജാവിനെത്തുന്നറിയിച്ചു ഇങ്ങനെ ഞങ്ങൾക്കൊരർത്ഥം പറ്റി പക്ഷേ കൃഷ്ണൻ ഇതൊക്കെ അറിഞ്ഞു അറിഞ്ഞിട്ട് അനങ്ങയില്ല ഭഗവാൻ ജാത സർവാർത്ഥ എല്ലാം അറിഞ്ഞു ഈശ്വരനുമൊക്കെ തലന്യസാകർത്വം നയിച്ചത് ഈശ്വരനാണ് ഈ ജഗത്തിന് മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് താനാണെന്ന് വ്യക്തമായ ഉറപ്പുള്ള ആളാണ് അതന്യഥാകർത്തും നയിച്ചും വിപ്രശാപം മുനിമാരുടെ ശാപം അന്യധാകരിക്കാൻ ശ്രമിച്ചില്ല മിണ്ടില്ല നമ്മളുടെ നമ്മൾ പിന്നെ ഒറ്റ ആരൊക്കെ അന്വേഷിച്ച് നടക്കും ഈ ഒരു നേടാൻ പിന്നെ അധികാരസ്ഥാനത്ത് തന്നെ കാണാൻ വന്ന മുനിയമാരാണ് തന്നെ കാണുന്നതിനുമുണ്ട് എന്ന് ഭഗവാൻ ഇതറിഞ്ഞു ഇവർ സതിച്ചിരിക്കുന്നു മുനിമാരോടൊന്നും മണ്ടിയില്ല വിപ്രസാപം എന്നല്ല കാലരൂപി അന്വമോകത്തൊക്കെ നടക്കേണ്ടതാണ് ഈ കളിയിൽ ഇതൊക്കെ നടന്നേ തീരും ഇതൊന്നും മാറ്റിവെക്കാനൊന്നും ആർക്കും സാധ്യമല്ല അന്യഥകർത്തും നയിച്ച എവിടെയെപ്പോ ആർക്കെന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അവരുടെ വരുന്ന എൻ്റെ പിന്നെ ആശുപത്രിയിലോ എൻ്റെ ശിവരുണിക്കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എന്താ ആർക്കെന്താ സംഭവിച്ചുകൂടാത്തത് എപ്പോഴാണ് സംഭവിച്ചുകൂടാത്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും അങ്ങനെ ഒന്നും നിയന്ത്രിക്കാനൊന്നും സാധിച്ചല്ല ചിലതൊക്കെ നിയന്ത്രിക്കുന്നതായി തോന്നുന്നു അത് തന്നെയും ഭഗവാൻ അനുവദിച്ചിട്ട ഞാൻ ആണ് അവിടെ പകലും നമുക്കറിയണം ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വെള്ളം വെള്ളം കുടിക്കാൻ ചായ ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഡീന്തൽ കുളത്തിൽ കറങ്ങി ആ കുളത്തിൽ വെച്ച് ആ ഹാമ്യസും ആയതിനാ മരിക്കും അപ്പൊ എന്താ ചെയ്യില്ല ഞാനീ പറയുന്നത് ഈ തൊരു ഗതൊന്നും കളി ഇവിടെ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല ചായ കുടിക്കാനായിട്ട് കയ്യിലെടുത്തു അതിനെ കുടിച്ചില്ല കുടിക്കുന്നതിന് മുമ്പ് അതിനെ പേര് തോന്നി പോയി എത്ര കേസം അപ്പം ചായ കുടിക്കാൻ പോലും പറ്റില്ല അപ്പം പിന്നെ ഞാനാണ് അവിടെയാണ് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ അഹന്ത ആണ് സക്കര ദുഃഖത്തിനും കാരണം ഒക്കെ ഭഗവാൻ അർപ്പിക്കുക സർവകർമാൻ മാം ശരണം പ്രധ ഭഗവാൻ നോക്കട്ടെ എന്തായാലും കൃഷ്ണൻ ശാപം അന്യധാകരിക്കാൻ ശ്രമിച്ചില്ല അന്വമോദത്തോഷിച്ചു കാലരൂപി അന്വമോദത്ത കാലരൂപിയായ ഭഗവാൻ സന്തോഷിച്ചു നടക്കേണ്ടത് കളി ഒന്നാം തര ഇന്ദ്രം നടക്കുന്നു ഒടുവിൽ എല്ലാവരും തമ്മിൽ തമ്മിൽ നേരപ്പൊല്ലി ഇരുമ്പ് പൊടി ഇരുമ്പിൻ്റെ ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇരുമ്പിൻ്റെ രാവിലെ പൊടിന്ന് കടലിൽ ഒഴുക്കി ചക്രവർത്തിയും അസംബ്ലിയിൽ വലിയ ചർച്ച നടന്നു ഇപ്പം എന്താ ചെയ്യേണ്ടത് അതും ഈ ഇരുമ്പ് നമ്മൾ വംശം നശിപ്പിക്കും എന്നുള്ളത് ചർച്ചയുടേതായിട്ടൊക്കെ ഭഗവതി പറയുന്നുണ്ട് രാജാവും മന്ത്രിമാരും ഒക്കെ ഉള്ള ചർച്ച നടത്തി അത് നമുക്കിതിനേരെ രാഗിപ്പൊടിച്ച് സമുദ്രത്തിൽ കളിക്കാം അപ്പോൾ ഇത് നമ്മെങ്ങനെ അവിടെ നമ്മെങ്ങനെ നശിപ്പിക്കുമെന്ന് അറിയാമല്ലോ അത് രാഗിപ്പൊടിച്ച് സമുദ്രത്തിൽ കിളക്കി ആ ഇരുമ്പ് പൊടിയും ഉള്ളുവന്ന് സമുദ്രക്കരയിൽ ഏരക പുല്ലുകളായി വളർന്നു തിരയണിച്ച് കരയിൽ വന്നിട്ട് അതെങ്ങനെ സാറ് ൊടി ഏരക പുല്ലാകുമോ ആകുമായിരിക്കും അതിൽ നിന്ന് ആർക്ക് പറയാൻ കഴിയും എന്തെന്തൂട അങ്ങനെ ആ ഏരകുല് കഥ ഒക്കെ അറിയാവുന്ന പേ ജാതക വംശം മുഴുവൻ തമ്മിൽ ഏതാ പ്രഭാത തീർത്ഥത്തിൽ പോയി കള്ളുച്ചുവിടുന്നു മദ്യനിരോധനമാണല്ലോ നമ്മുടെ പ്രധാന ലക്ഷ്യം സർക്കെല്ലാം ജനം കടുവിച്ചു കൃഷ്ണന്റെ മക്കൾ അതൊന്നും ഏതൊരു ബോധമില്ലാതെ അറിയേറെ മരിച്ചു കൃഷ്ണൻ്റെ ഒരു പത്തൻ്റെ അകലം ദൂരെ മാറി നിൽക്കുന്നു ഇതൊക്കെ ഈ ലോകഗതിയാണ് അല്ല കൃഷ്ണന്റെ അതൊക്കെയാണ് ഇപ്പം ഇന്നും നടക്കുന്നത് ഇതൊന്നും മാറ്റിമറിക്കാനൊന്നും ആർക്കും എളുപ്പമല്ല അപ്പം നമ്മളെന്തു വേണമെന്നും പറ്റുന്ന നടത്തോളം മാറ്റിമറിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് മാർക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ല ഇവിടെ അണുപോലും രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന ശാസ്ത്രീയ സത്യം രാപകൽ ഉറപ്പിക്കുക അല്ലാതെ അങ്ങനെ ഇതും പറഞ്ഞ് നടന്നത് ഉള്ള ഒരു ലക്ഷ്യമല്ല രാപകൽ കാലത്തെ ചിരിച്ചുകൊണ്ടിരിക്കുക ബെക്കോഫി ബ്രഹ്മം അയ്യോ സർവിയൊക്കെ ബ്രഹ്മം പിന്നെന്താ സർവം ബ്രഹ്മമായ യാതൊരു സംശയമില്ല ഇത് ഞാൻ പറയുന്നതല്ല വാസുഷ്ഠമൊക്കെ പറയുക എണീറ്റം ആ നിമിഷം എന്തെന്തൊക്കെ കാണുന്നു ചെയ്യുന്നു ഒക്കെ ബ്രഹ്മയജ്ഞം ഇതാണ് ഈ മഹാബലി അങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ് യാതൊരു സംശയവുമില്ല ഇവിടെ ഇവിടെ ബ്രഹ്മമേ ഉള്ളൂ ചിതിഹാസ്തി ശുക്രൻ ശുക്രാചാര്യം പറഞ്ഞത് മുതൽ ചിതിഹാസ്തി ചിന്മാത്രം ഇതം ചിന്മയെ വെച്ച അതുറപ്പിച്ചു അതുറപ്പിച്ചോണ് യുദ്ധം ചെയ്തു ദേവന്മാരുമായി ദേവന്മാരെയൊക്കെ അടിച്ചു പുറത്താക്കി അതാണ് നേരത്തെ അനുചരന്മാരോട് പറഞ്ഞത് ഈ ഭഗവാൻ അല്പം മുമ്പ് നമുക്കനുകൂലമായിരുന്നു കേട്ടോ ഇപ്പൊ ഭഗവാൻ നമുക്ക് എന്തിയാണോ അദ്ദേഹത്തെ ജയിക്കാനൊന്നും നമുക്കാർക്കും സാക്ഷ്യമല്ല അപ്പോ കൃഷ്ണൻ അപ്പോഴും പറയുന്നു അപ്പോഴും വ്യാസൻ പറയുകയാണ് ഞാൻ പറയുന്നത് കൃഷ്ണൻ മായയെ പൂർണ്ണമായും ജയിച്ചിട്ടാണ് അർജുനനോട് പറയുന്നത് മമമായ ദുരധിയ മാമയകളെ പ്രപഞ്ചത്തെ രം തിറ്റയെ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ആ കുറപ്പ് വരുന്നു അവർ മായയെ ജയിക്കുന്നു കൃഷ്ണത് നല്ല ഉറപ്പായി മക്കളൊക്കെ ഏതുവംശം മുഴുവൻ മരിച്ചു വീണത് കണ്ടപ്പോ ഏവം നഷ്ടേഷു സർവേഷു സ്വേഷു മാധവ എല്ലാം നശിച്ചു ഇവിടെ മഹാവിഷ്ജി മാത്രമൊന്നുമല്ല എല്ലാം നശിച്ചു അവതാരിത്തോ ഭാരത്യമേനെ അവശേഷിത ഭാരമൊക്കെ കുറയുന്നുള്ള ഭൂമിയിൽ എന്ന് സമാശ്വസിച്ചു എല്ലാം ഇത്രയേ ഉള്ളൂ നല്ല ധീരമായി എനിക്ക് പറയാനുള്ളത് എത്ര കണ്ട് നമുക്ക് ഒക്കെ വെക്കില്ല ധീരമായി ഈ സത്യം ഉറപ്പിക്കുക അല്ലെങ്കിൽ ഈ പറയുന്നത് ശാസ്ത്രീയ സത്യമല്ലെന്ന് തെളിയിക്കുക ചവിടെ ബോധമേ ഉള്ളൂ അണുപ്പോഴും മറ്റൊന്നുമില്ല എന്ന സത്യം യുക്തി എന്താ ഭാഗവതം മംഗളശ്ലോകത്തിൽ പറയുന്ന യുക്തി അന്വയമാണ് ഇതരക്കാഹ് അന്യയുക്തി വ്യതിരേകയുക്തി ബോധമുണ്ടോ എല്ലാം ഉണ്ട് ബോധമില്ലേ ഒന്നുമില്ല അതുകൊണ്ട് കാണുന്നതൊക്കെ ബോധം ഈ യുക്തി ആവർത്തിച്ച് ചിന്തിച്ച് മനസ്സിലേക്ക് മാക്തവ്യം നേഹനായ സ്ഥിതി കിഞ്ച് ഇതാണ് വരുഷത്തിൻ്റെ പ്രഖ്യാപനം ഇവിടെ ലേശം പോലും ഫലത്തിലില്ല ഇത് ഓർമ്മിച്ചുകൊണ്ട് മറ്റൊക്കെ ചെയ്യുക യുദ്ധമാണെങ്കിൽ യുദ്ധം കൃഷിയാണെങ്കിൽ കൃഷി കച്ചവടമാണെങ്കിൽ കച്ചവടം വെറുതെ ഇരിക്കാനാണ് തോന്നി വെറുതെ ഇരിക്കുക എന്ത് ചെയ്താലും കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ മഹാബലി അത് നല്ല ഉറപ്പൊന്നും ആണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇതും കൃതാന്താന്ത്രിക ഭക്തി ജീവിതം യഥാഭുഖം സ്തബമ തീർന്ന മുഖ്യത്തെ വാമനോട് മഹാബലി പറയുന്നതാണ് ഭഗവൻ ഈ ജീവിതം എപ്പോഴും മരണത്തോട് തൊട്ടു നിൽക്കുന്നതാണ് എന്ന് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം എല്ലാം നഷ്ടപ്പെടുന്ന നിമിഷത്തോട് തൊട്ടു നിൽക്കുന്നതാണ് എന്ന് എന്തുകൊണ്ടോ അഹങ്കാരികളറിയുന്നില്ല അർത്ഥം ഞാൻ എന്നൊക്കെ പിന്നെ ആരുമില്ല സ്തബമതി എന്ന് പറഞ്ഞാൽ അതാ അഹങ്കാരം മുൻത്തുപോയവർ ഭഗവാനെ മറക്കുന്നു ദൈവത്തെ ദൈവത്തെ മറക്കുന്നു അവരറിയുന്നില്ല എന്തായാലും ഭഗവാൻ ദേവന്മാരൊക്കെ നോക്കി നിൽക്കുകയും മഹാബലിക്ക് ഈ അംഗീകാരം നൽകി ഇയാൾ മായെ ജയിച്ചിരിക്കുന്നു എന്താ കാര്യം ക്ഷീണരിക്ത ച്യുതസ്ഥാന എന്താ മഹാബലിക്ക് സംഭവിക്കാത്തത് എല്ലാം സംഭവിച്ചു അല്ല ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുമോ സാർ ക്ഷീണരിത്ത സമ്പത്ത് വലിയ നഷ്ടമായി ഇതെല്ലാവർക്കും സംഭവിക്കുമോ ഞാൻ ചോദിക്കട്ടെ വാസ്തവത്തിൽ ഒരാൾ ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കി ഒടുവിലെന്തെങ്കിലും സോക്കേട് പിടിച്ചല്ല ഈ പക്ഷാഘാതമോ മിണ്ടമ്മയ്യ അങ്ങന്ന അമ്മയ കിടപ്പില്ലായി എല്ലാ സമ്പത്തും നഷ്ടപ്പെടുന്ന അവസ്ഥയല്ലേ വീട് അവിടെ ഉണ്ട് കാറുകൾ ഉണ്ട് വസ്തു എടുപ്പുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സമ്പത്തും ഒഴുകുടൻ നഷ്ടമായിരിക്കും ഏത് ഗംഭീരനും ഞാൻ പറഞ്ഞില്ലേ ഞാനീ ചിലരുടെ പേര് പറഞ്ഞിപ്പോൾ എന്താ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ശാലവും അദ്ദേഹത്തിന് വലിയ ഭരണാധികാരികൾക്കൊക്കെ പേടിയാലും ഇതത്ര ഗംഭീരമായ ഭരണാധികാരി പക്ഷാഘാതം ഒന്നും എളുപ്പ എന്ത് ചെയ്യാനും എന്താ ഇങ്ങനെ പക്ഷാഘാതം ഒക്കെ വരുന്നത് ദൈവം ദൈവം എന്താ സാലി ദൈവം ഒന്നേ ഉള്ളൂ ആദൈവം ഒരേ ബ്രഹ്മം മറ്റിവിടെ എല്ലാം വേറൊരു ഇന്ദ്രജാലം ഇന്ദ്രജാലത്തിൽ നിന്ന് യുക്തി അന്വേഷിക്കാൻ പോയാൽ ഒരിക്കലും പിഴുകുട്ട അതാണ് ഈ ഗ്രഹത്വം ഈ ഗ്രഹത്തുന്ന ഇന്ദ്രജാലത്തിൻ്റെ യുക്തി പുറമേ നിന്ന് അന്വേഷിച്ചാൽ ആർക്കും ഒരിക്കലും പിഴുകിറ്റില്ല ഇത് മഹാബലിക്ക് നല്ലവണെന്ന് അറിയാം മനൻ പറയുകയാണത് ക്ഷീണരിക്ത സമ്പത്ത് മുഴുവൻ പോയി ക്ഷീണരിക്ത ച്യുതസ്ഥാന തന്റെ സ്ഥാനത്തു നിന്നും ച്യുതനായി തന്റെ ആധിപത്യം ചക്രവർത്തിസ്ഥാനം നഷ്ടപ്പെട്ടു അങ്ങനല്ലേ ക്ഷീണരിക്തശ്യുതസ്ഥാന ക്ഷിത്തോ ബദ്ധത്രു ചക്രവർത്തി ശത്രുക്കൾ പിടിച്ചു തള്ളി ക്ഷിത്ത ആ ഗരുഡൻ വന്ന് ഭരണപാശം കൊണ്ട് കെട്ടാൻ അന്ന് ആനടയ്ക്ക് പിടിച്ചു തള്ളി ക്ഷിത്തോ ബദ്ധസ്ത ശത്രു വരണപാശം കൊണ്ട് കെട്ടി ജ്ഞാതിഭിഷ്ടപരിത്യത്തോ ബന്ധുക്കളെല്ലാം വിട്ടുപോയി പക്ഷെ അത് നമുക്കിവിടെ സംഭവിക്കുന്നുണ്ടോ സാർ ഇവിടെ ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത് വയസ്സൊക്കെ ആയി മിക്കവാക്കൾ മുലും അച്ഛനു വയസ്സൊക്കെ അത് അന്വേഷിച്ച അവിടെ കിടപ്പുണ്ട് ഇപ്പം തീരം അയ്യ അത്ര തന്നെ ആരുടെയും കുറ്റമല്ല അത് സംസ പറ്റുള്ളൂ അമ്മ മക്കളൊക്കെ അങ്ങനെ ആയിപ്പോയല്ലോ അത് അങ്ങനെ ആയിപ്പോവും വേറെ രക്ഷയൊന്നുമില്ല ജ്ഞാതിഭിഷ്ടഭരിത്യത്തോ ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചു ജാതിഭിഷ്ടഭരിത്യത്തോ യാതന ഉപതാപിത പലതരം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഓട്ടെ ഗുരുവെങ്കിലും കൂടെ ഉണ്ടോ ഗുരുളാ ഭിത ഗുരു എടാ നീ എന്റെ ശിഷ്യനല്ല നീ മഹാസപൻ നിനക്കെല്ലാം നഷ്ടമാകും ഗുരുണാഭിത ജഹൌ സത്യം അതാണ് ഇതൊക്കെയായിട്ടും മഹാകലി വാഹനം പറയുകയാണോ സത്യമപേക്ഷിച്ചില്ല ഞാൻ പറഞ്ഞത് നടപ്പാക്കും പറഞ്ഞത് നടപ്പാക്കും എന്ന് പറയുന്നതല്ല സത്യം എന്നുവെച്ചാൽ യാതൊരു ഭാവഭേദവും കൂടാതെ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അതെന്താർത്ഥം പരമസത്യം ഉപേക്ഷിച്ചില്ല എന്താ പരമസത്യം നേഹമാനാസ്തിക്കി ചെന്ന ഇവിടെ ലേശം പോലും പലത്തില്ല എന്നിട്ട് വാമനൻ പറയുകയാണ് ശലൈരുത്തോ മയാ ധർമ്മോ ദേവന്മാരെ നോക്കി പറയുക എഡോബ്രഹ്മാവേ ഇന്ദ്ര ജ്ഞാനം ഇയാളെ ഒന്ന് കളിപ്പിക്കാമോന്ന് നോക്കി ചലയിരുകയും കപടം ഞാനും കാപഢ്യത്തോടു കൂടി ചില ധർമ്മമൊക്കെ പറഞ്ഞു ഇയാളോട് എനിക്ക് മൂന്നടി പണ്ടു വരണം മൂന്നടി കൂടുതലൊന്നും എനിക്കാവശ്യമില്ല അല്ലെ അന്നിഷ്ടമുള്ള അളന്നെടുത്തോളും ഞാൻ അത് അതൊക്കെ വെറും കാപട്യമല്ലേ എല്ലാം അങ്ങനെ വിശ്വരൂപനായി സർവപ്രപഞ്ചവും അളന്നെടുക്കാൻ തീരുമാനിച്ച് നിൽക്കുന്ന ആളാണ് എനിക്ക് മൂന്നടി വന്നെങ്കിൽ കണ്ടു ആ ഭഗവാൻ തന്നെ പറയും ഈ ഫലവാനാളാര എന്താ ചെയ്യുക ഭീഷ്മര് പറഞ്ഞതും ആണ് സത്യം മഹ്യത്യ കൾഹിചന്ദ്രാജൻ ഉമാൻ വേഗവിധിത്തം യദ്ജിജ്ഞാസയാ നൂനം മുഹ്യന്തി കമലോപി ഈ സത്യമറിയില്ല ഈ ജഗത്ത് ഏതെങ്കിലും ഒരു ഭഗവാൻ ഇതൊക്കെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തിനിതൊക്കെ തോന്നിപ്പിക്കുന്നു ധർമ്മപുത്തരോട് ഭീഷ്മർ പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞതാ മഹിസ്യാജൻ വിചച്ഛത്തത് എന്തിനായി ഈ കുഴപ്പമൊക്കെ ആർക്കും നിശ്ചയമില്ല അപ്പൊ പിന്നെ എന്തുവേണം സത്യം ആ ജഗതീശ്വര തസ്യനുവിഹിത്തോ അനാഥപാഹി പ്രജപ്രഭോ എല്ലാം ആ ഭഗവാന്റെ പൂജയായി അനുഷ്ഠിക്കും അത് തന്നെയാണ് കൃഷ്ണൻ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ പരിത്യജ്യാന്ന് വെച്ചാൽ ധർമ്മമല്ല ഉപേക്ഷിക്കണമെന്നൊന്നുമല്ല അർത്ഥം ചെയ്യാനുള്ളതൊക്കെ ചെയ്യൂ പക്ഷേ ഒക്കെ ഭഗവാ അല്ലാതെ ഇവിടെ മറ്റു രണ്ടാണതൊന്നുമില്ല ആ ശാസ്ത്രസത്യം ശാസ്ത്രസത്യം ആര് കൈവിട്ടോ അവര് അതിയായി ദുഃഖിക്കേണ്ടിവരും എന്നാവർത്തിച്ചാവർത്തിച്ചുപനിഷത്ത് വിവരിക്കുന്നു ഗൃഹകാരണ്യവും കനുഷ്ഠും മറ്റും ബ്രഹ്മത്ത് മാറ്റി നിർത്തിയിട്ട് ആരെന്തെന്തൊക്കെ നേടുന്നുവോ ആ നേടുന്നതെല്ലാം ഒടുവിലയാളെ അത്യധികം ദുഃഖിപ്പിക്കും ബ്രഹ്മത്തെക്കൂടെ കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർക്കുമ്പോ നേടിയതെല്ലാം ഒടുവിൽ വിട്ടുപോകും ബ്രഹ്മം അവശേഷിക്കും താൻ ഉൾപ്പെടെ ഉള്ളത് ബ്രഹ്മ പിന്നെന്താ നോക്ക അതാണ് കൃഷ്ണനും പറയുന്നത് സർവധർമ്മം കരുത്തിച്ച് മാം ഏകം ശരമം മാറ്റാം അഹം ത്വ സർവപാപോ മോക്ഷയിഷ്യാമി അർജുന ഇത് നമുക്കൊക്കെ ഇത് നമുക്ക് പ്രായോഗികമാണോ സാർ ഞാൻ പറയുന്നത് നമുക്കിപ്പോഴേ ശ്രമിച്ചു നോക്കാം അതല്ലേ ഞാൻ പറയുന്നത് ഇത് പ്രായോഗികമാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടും പ്രായോഗികമാവുന്നില്ല കാലത്തെ എണീക്കുന്നു കാലത്തെ എണീൻ്റെ പല്ലുതയ്ക്കുന്നു പക്ഷേ ഇപ്പം പേസ്റ്റൊക്കെ ആവുന്നുള്ളൂ പണ്ട് ഭൂമിക്കരി അവർക്ക് അരിയാണെങ്കിൽ ഗൃഹക്കരി അല്ലെങ്കിൽ പേസ്റ്റ് അപ്പോഴൊക്കെ ഇതൊക്കെ ബ്രഹ്മമാണ് ശാസ്ത്ര സത്യമാണ് പേസ്റ്റ് എങ്ങനെ സാർ ബ്രഹ്മമാകുന്നത് ആധുനിക ശാസ്ത്രദൃഷ്ടിയിൽ വിശകലനം ചെയ്തു നോക്കും എന്താ പേസ്റ്റ് എനർജി അതൊന്നും ആർക്കും സംശയമില്ല എനർജി എവിടെയാ ഉണ്ടെന്ന് തോന്നുന്നത് ബോധത്തിൽ തോന്നുന്ന ഒരു ഭവധം ഒരിക്കലും എനർജിയാവാൻ സാധ്യമല്ല നിശ്ചല ബോധം അത്ഭുതകരമായ സത്യമാണ് അവിടെ ചലനം എങ്ങനെയുണ്ടാവും സർവത്വമറഞ്ഞ് നിശ്ചലമായി ആനന്ദസ്വരൂപമായി നിൽക്കുന്ന ബോധമാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിൽ യാതൊരു ചലനവും ഒരിടത്തും ഉള്ള സാധ്യമല്ല ഏത് ശാസ്ത്രജ്ഞൻ എവിടെ പോയി എത്രയുള്ള പരിശ്രമിച്ചാലും ചലനം എവിടുന്നുണ്ടായി എന്നറിഞ്ചുള്ള ചലനം കണ്ടെത്താനേ സാധ്യമല്ല അപ്പോ പക്ഷെ കാണുന്നു അത് സാറെ ഈ ബോധത്തിലല്ലേ ബോധത്തിലെ ഭ്രമം ബോധത്തിലെ ഭ്രമം ബോധം തന്നെ അത് തീരുമാനിക്കും ഒക്കെ മറക്കരുത് കയറിലെ പാമ്പ് കയറ് തന്നെ മരുഭൂമിയിലെ വെള്ളം മരുഭൂമി തന്നെ സംശയമില്ല അപ്പോ എളുപ്പ വഴി ഇതമ്മ അല്ലാതെ വെറുതെ വേദാന്തമായി ധ്യാനിച്ചിരുന്നു രണ്ടു കാര്യവും അത് ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ പ്രാണായാമം ചെയ്തു അതൊക്കെ തലവുത്ത് നിന്നു അതൊക്കെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നില്ലേ പക്ഷെ ഈ സത്യം വളക്കരുത് തലവുത്തിൽ നിൽക്കുന്നതും ബ്രഹ്മം പ്രാണനും ബ്രഹ്മം മനസ്സും ബ്രഹ്മം ബ്രഹ്മമല്ലാതെ ലേശം പോലും മറ്റൊന്നുമില്ല ലേശം പോലും ഭാഗവതത്തിൽ കപിലൻ അമ്മയൊക്കെ ദേശിക്കുന്നു കപിലൻ ഭാഗവത്തല്ല അമ്മേ അമ്മേ എക്കരോത്യന്താപി എക്കരോത്യന്തരോദരം തസ് ഭിന്നശോ മൃത്യു പിന്നത്തെ ഭയമുബം അമ്മേ തനിക്കും മറ്റുള്ളവർക്കും ലേശമെങ്കിലും ഭേദമുണ്ടെന്ന് ആര് കരുതുന്നുവോ അവരുടെ പിന്നാലെ മരണമിങ്ങനെ പാഞ്ഞെന്നവർക്കും മകൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്ന ശരി ഇത് ഇത് നമുക്ക് നടപ്പ എന്താ നമുക്ക് നടപ്പിലാക്കൂടാ ഞാൻ പറഞ്ഞല്ലേ കാലത്തെ എണീറ്റൂ എണീറ്റത് തന്നെ ബ്രഹ്മപൂജ മനസ്സുകൊണ്ടു എന്ന് വിചാരിച്ച വിചാരിക്കൂലെ ഞാൻ എണീറ്റു ഉറക്കം ഉണർന്നെണീറ്റു ബ്രഹ്മപൂജ ആ ശ്ലോകം കൂടെ ഓർമ്മിച്ചുള്ള ബ്രഹ്മാർപ്പണം ബ്രഹ്മകര മറ്റേത് പൂവിജയേക്കാൾ എളുപ്പമാണിത് കൃഷ്ണൻ പ്രത്യേകിച്ച് പറയുന്നു ശ്രേയാൻ ദ്രവ്യമയാത്യത്നാ ജ്ഞാനപരം തർജുന ദ്രവ്യം കൊണ്ട് ചെയ്യുന്ന യജ്ഞങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞമാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹർ ബ്രഹ്മാഗ് ബർമ്മണാഹൃതം ബ്രഹ്മയതേന ഗാന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാസ്തു ഞാൻ ആലോചിച്ചിട്ട് ആർക്കും മനസ്സില്ല ശീലിക്കാൻ ഇത്ര എളുപ്പം നാല് കാശിച്ചകളില്ല ഈ പൂജ നാല് കാശിച്ചകളില്ല ഇന്നർക്കേ പാടുള്ളൂ എന്നില്ല ഇന്നപ്പഴേ പാടുള്ളൂ എന്നില്ല അല്പമെങ്കിലും ഒരാൾ വശത്താക്കിയാൽ മറ്റ് സകലദേവന്മാരെയും പൂജിക്കുന്ന ഫലം വന്നു ചേരും എന്നും പറയുന്നു എന്താ സംസാരാത്യ സമുദ്ധ സ്വപിതര അല്പ നേരിമെങ്കിലും ഈ ബ്രഹ്മപൂജ മനസ്സിന് ഉറപ്പുവരാമെങ്കിൽ വെച്ച ഇപ്പൊ ഒരുപാട് പേർക്ക് പ്രശ്നം ചെയ്ത് തന്നെ സാലം പിതൃബലി നടത്തണ്ടേ സാർ നടത്തിക്കൊള്ളുമോ ആര് പറഞ്ഞു പക്ഷേ അത് ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കൂ അത് ഓർമ്മിക്കാൻ കഴിയുമെങ്കിൽ ആ ഓർമ്മ ഇതുവരെയുള്ള നമ്മുടെ പിതൃക്കളൊക്കെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു സംസാരാച്ച സമുദ്രാസ്വ പിതര എല്ലാവരും അജ്ഞാനാന്തസഹസ്രനിഷ്ഠം ആയിരക്കണക്കിന് യാഗം ചെയ്യുന്ന ഫലം നടപ്പാക്കാമെങ്കിൽ കിട്ടും പിന്നെന്താ ഇവിടെ എന്താ പ്രയാസം എന്നാണ് ഞാൻ ചോദിച്ചത് കാലത്തെ രമേക്കു ഇപ്പം മുതൽ എന്താ ചെയ്യുന്ന ബ്രഹ്മപൂജ ഉള്ളിൽ ഒന്ന് ഓർമ്മിക്കുന്നു ഓർമ്മിച്ചുകൊണ്ട് കത്തി തയ്യാറാക്കുന്നു ഉള്ളില് തയ്യാറാക്കുന്നു അപ്പോഴൊക്കെ ബ്രഹ്മപൂജ ഇതാണ് ശാസ്ത്ര സത്യം അതുകൊണ്ട് നേരം പോക്കള്ളത് യഥാർത്ഥ സത്യമിത് ഏൽക്കവിഞ്ഞു മറ്റൊരു സത്യം നിശ്ചയമായിട്ടുണ്ടില്ല അതുകൊണ്ടാണ് ഇത് മഹാബലിക്ക് ഇത് നല്ല ഉറപ്പ് എന്താ ഭഗവാൻ ഭഗവാൻ ഗോവിനും ഭഗവാൻ അത്ഭുതമൊന്നും വന്നില്ല തൻ്റെ ചുറ്റും സ്വർഗം കിട്ടാൻ വേണ്ടി കാത്ത് നിൽക്കുന്ന ദേവന്മാരെ നോക്കിയാണല്ലോ ദേവന്മാരെ ഈ മഹാബലിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾ കൂലിരുട്ടിലാണ് കൂലിരുട്ടു നേരെ വർഷിയാൽ മായയെ ജയിക്കുന്നു ഇങ്ങനെ മായയെ ജയിച്ച മഹാബലിയെ ആ കാല അവിടുന്ന് എടുത്തു എടുത്തിട്ട് ഭഗവാൻ മഹാബലിയോട് പറ പറയുന്നു അതാണ് നമ്മൾ നമ്മളെ ചർച്ച ചെയ്യാൻ പോകുന്ന എവിടെയായിരിക്കുന്നു എന്നാണ് ഗംഭീരമായ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കാണ് എന്നിട്ട് ഭഗവാൻ പറയുന്നു മഹാബലേ ഒരു ഭൃത്യനെപ്പോലെ ഞാൻ നിൻ്റെ അടുക്കൽ ഉണ്ടാവും നിനക്ക് കാണാൻ കഴിയും തന്നെ അന്തർദൃഷ്ടി ഒരു ഭൃത്യനെപ്പോലെ ഞാൻ നിൻ്റെ അടുക്കലുണ്ടാവും ഒന്നും ഭയപ്പെടേണ്ട പൊക്കോളും നമ്മളത് നാളെടുക്കും ഈ ഒരു ചിന്ത എന്ത് വില കൊടുത്തും സർവമീശ്വരമായ എന്ന ചിന്ത ഈശാവാസിന് സാധ്യം നമുക്കൊക്കെ അറിയാവുന്ന വരിയാണിത് ഓർമ്മിക്കാനും നമ്മുടെ ജീവിതത്തെ അതികറ്റ് ശാന്തിയിൽ പ്രതിഷ്ഠിക്കാനും ഭഗവാൻ തമ്മിലൊക്കെ അനുഗ്രഹിക്കുവാറാകട്ടെ നമസ്കാരം